ചെയ്താനുപകർമ്മ പരാമർശംഹാരൈക്രിയാഹാരേണ ഏതൃക് ആത്മതത്വം അഭിദാതി തൽപരാ സിക്രേണരിതാ കർത്തും ഇവിടെ സിദ്ധാന്തി പറയുന്ന എന്താണ് ഈ ജ്ഞാനെന്നുള്ള അനുഭവം അഹമനുഭവം ഈ അനുഭവം തന്നെ അധ്യാസം ഈ പ്രതീതി ആത്മാവും അനാത്മാവും തമ്മിലുള്ള താദാത്മിക പ്രതീതിയാണ് അതുകൊണ്ട് തന്നെ അഹം എന്ന് പറയുന്ന ഈ അനുഭവത്തിലൂടെ ഒരാൾക്ക് ആത്മാവിനെ അതിന്റെ പൂർണമായ രൂപത്തിൽ അറിയാൻ പറ്റില്ല അങ്ങനെ അറിയാൻ പറ്റത്തില്ല എന്നാണ് ഇങ്ങനെ ഒരു അധ്യാസം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് അറിയാം എന്താണ് ആത്മാവ് എന്ന് പറയുന്ന ഒന്നും ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും പക്ഷെ അദ്വൈതമായ ആത്മതത്വത്തിൽ അഹം അനുഭവത്തിലൂടെ അറിയാൻ പറ്റത്തില്ല കാരണം അദ്വൈതി പറയുന്ന ആത്മാവ് എന്ന് പറയുന്നത് അദ്വൈതമായ ആത്മതത്വമാണ് അദ്വീതമായ ആത്മതത്വത്തെ ഞാൻ എന്ന് പറയുമ്പോൾ ആരും അറിയുന്നില്ല എല്ലാവരും ഞാൻ ഞാൻ അറിയുന്നുള്ളൂ ഇനി അങ്ങനെ അദ്വൈതമല്ലാത്ത ആത്മതത്വത്തെ അംഗീകരിക്കുന്നവരുണ്ട് തർക്കികന്മാരും മറ്റുമൊക്കെ അതിൽ ചില ആൾക്കാർ പറയുന്നു ഞാനെന്ന് പറയുന്ന ഈ അനുഭവം ഇതിന് വിഷയമായിരിക്കുന്നത് അതാണ് ആത്മാവ് എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അനാത്മാവ് എന്തുകൊണ്ട് പറയുന്നു എന്റെ കൈ എന്റെ കാല് എന്നൊക്കെ പറയുന്നു സാധാരണ യുക്തി അവര് പറയുന്നു എന്റെ കാല് എന്റെ കൈ എന്ന് പറയുമ്പോൾ ഞാൻ കാലാവയ്യാണ് എന്റെ ശരീരം അപ്പം എന്റെ എന്റെ എന്ന് പറയുന്നതൊക്കെ എന്നിൽ നിന്ന് വേറെയാണ് അപ്പം ഞാനോ ഞാൻ കൈയും കാലും ശരീരത്തിൽ വേറെയാണ് ഇങ്ങനെ ഒരു യുക്തിയാണ് അവർ പ്രയോഗിക്കുന്നത് ഇതൊരു സാമാന്യ വ്യക്തിയാണ് കേവലമായ ഒരു യുക്തിയാണ് അപ്പോൾ അതുകൊണ്ട് എന്റെ തല എന്റെ ശരീരം എന്റെ കൈ എന്റെ കാലം എന്ന് പറയുമ്പോൾ എൻ്റെതായിൽ നിന്ന് മാറി മാറി ആരുണ്ട് ഞാനുണ്ട് ആ ഞാനിലൂടെ അറിയുന്നത് ആത്മാവും ഈ എന്റെ കഥ എന്റെ കല എൻ്റെ തൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയുന്ന ഈ വസ്തുക്കളെല്ലാം ആത്മാവും രണ്ടിനെയും വേർതിരിച്ചാണ് നമ്മളിവിടെ അറിയുന്നത് അതുകൊണ്ടാണ് എന്റെ കൈ എന്റെ കാലം എന്നൊക്കെ പറയാൻ പറ്റുന്നത് വെറിച്ചെറിയുന്നതുകൊണ്ട് തന്നെ എന്താണ് അഹം അനുഭവം എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേർന്നുള്ള താതാത്മ്യ അനുഭവം ഉണ്ടാവും അത് അധ്യാസം എന്താ ഇതാണ് പൂർവക്ഷം പറയുന്നത് അത് ഇത് പറയുന്നത് അഹം എന്ന് പറയുന്ന ഈ അനുഭവം അത് അധ്യാസമാണ് പക്ഷെ അധ്യാസം എന്ന് പറയുമ്പോ എന്താണ് എവിടെ അധ്യാസം ഉണ്ടാകുന്നോ അവിടെ അധിഷ്ഠാനത്തിന്റെ ഞാനും ഉണ്ടാവും അധിഷ്ഠാനമായിരിക്കുന്ന എന്താണ് ബ്രഹ്മതത്വം ഇത് അധ്യാസമാണ് ആ ബ്രഹ്മതത്വം എന്ന് പറയുന്നത് സത്വം ചിത്തവും ഒക്കെയാണ് അതെല്ലാം ഈ ഞാനെന്ന് പറയുന്ന അനുഭവത്തിലൂടെ വരുന്നുണ്ട് അത് അധ്യാസം സംഭവിച്ചുകൊണ്ടാണ് പക്ഷെ ഞാനെന്ന് പറയുന്നതെല്ലാം യഥാർത്ഥമായ ആത്മതത്വം അങ്ങനെ നമുക്കറിയാൻ പറ്റില്ല അത് ഞാനെന്ന് പറയുന്ന യഥാർത്ഥമായ ആത്മതത്വം എന്നറിയണമെങ്കിൽ എന്ത് വേണം റിയുന്നു അതിന് വേദം തന്നെ വേണം വേദം വെളിപ്പെടുത്തുകയാൽ അറിയാൻ പറ്റും ഞാനെന്ന് പറയുന്നത് ഈ അനുഭവത്തിൽ ആത്മാവിന്റെ പ്രകാശമില്ലെന്നല്ല ദ്വീതി പറയുന്നു അധ്യാസമായതുകൊണ്ട് അതിനും എന്തുണ്ട് ആത്മപ്രകാശമുണ്ട് അതാണ് തന്റെ അസ്തിത്വവും അതാണ് അതിന്റെ ബോധവുമല്ല അതാണ് അപ്പൊ ഞാനെന്ന് പറയുന്ന ബോധമുണ്ട് അതുകൊണ്ട് ഈ ബോധം ആത്മാവാണങ്ങനെയെന്നു പറയത്തില്ല ഞാനെന്ന് പറയുന്ന ബോധം എന്താണത് ഇതൊരു അധ്യാസമാണ് ഇത് ഒരു ഭ്രാന്തി ഇത് യഥാർത്ഥമല്ല സത്യമല്ലെന്നാ പറയുന്നത് ഈ ബോധം ആത്മാവാണങ്ങനെ പറയത്തില്ല പിന്നെ എല്ലാ ആത്മാവാണെങ്കിൽ ഇതും ആത്മാവാണ് അങ്ങനെ പറയാം അത്രേ പറയാൻ പറ്റും അതുകൊണ്ട് എന്താണ് അഹമനുഭവം ആത്മാവിന്റെ യഥാർത്ഥ രൂപത്തെ വെളിപ്പെടുത്തുന്നില്ല അതാണ് അന്വീത് പറയുന്നത് പിന്നെ അഹമനുഭവം എന്ന് പറയുന്നത് എന്താണ് ഇത് ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഒരു താതാമ്യത്തിന്റെ അനുഭവമാണ് നമുക്ക് ഇതാണ് പറയുന്നത് അപ്പൊ യഥാർത്ഥ അനുഭവം ഇങ്ങനെ അത് ശ്രുതിയിൽ വേദം പറയുന്നു ഇത് ഇതല്ലാതെ ആത്മാവിന്റെ വേദമല്ലാതെ ഈ ആത്മാവിന്റെ ശരിയായ സ്വരൂപത്തെ മനസ്സിലാക്കാൻ വേറെ ഒരു വഴിയും ഇവിടെ അത് അടുത്തതാണ് പറയുന്നത് എന്നിട്ട് ഏതാനി ഏതാനി എന്ന് പറഞ്ഞത് നമ്മ ഒട്ടും പറഞ്ഞാ പറഞ്ഞത് ഇതിഹാസ അതിന് വിശേഷിക്കുകയാണ് ഉപക്രമ പരാമർശ ഉപസംഹാരീ ക്രിയാസംവിഹാരേണ ഇതർ ആത്മതത്വം അഭിദി തത്പരാണി സന്ധി ഏതാനിത് ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസങ്ങളെല്ലാം തന്നെ തത്പരാണി സന്ധി തത്പരമാണ് എന്ന് വെച്ചാൽ തത്പരമൊന്നിച്ച ഇവിടെ പറയുന്ന രീതിയിലുള്ള അദ്വൈതമായ ആത്മതത്വമാണ് അതിന്റെ പരം താല്പര്യം തത്പരം താല്പര്യം ഏഷ്യ തത്പരാണി പരമൊന്നിച്ച താല്പര്യം അപ്പൊ ശ്രുതി സ്മൃതി പുതിയ ഇതിഹാസങ്ങളെല്ലാം താല്പര്യം എന്താണ് അദ്വൈതമായ ആത്മതത്വം അഹു എന്ന് പറയുന്ന അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയാന്ന് പറയുന്നവരും അദ്വൈ ആത്മത്വത്തെ സ്വീകരിക്കുന്നില്ല അന്നും അവരംഗീകരിക്കുന്നില്ല വൈശേഷികന്മാരും മറ്റും ആ വൈശേഷികന്മാരും അറിയും അഹയുന്ന അനുഭവത്തിലൂടെ അറിയുന്നതാണ് ആത്മാവ് എന്ന് പറയും അപ്പൊ ആത്മാവിനെ അറിഞ്ഞു എന്റെ എന്ന് പറഞ്ഞു ഞാൻ ആത്മാവിനെ അറിഞ്ഞു കൂടെ എന്തോന്ന് ഏതാനീ ശ്രുതി സ്മൃതിന്റെ താല്പര്യം എന്താണ് പരമമായ താല്പര്യം ഏതാണെന്ന് വെച്ചാൽ ചിലപ്പോ നമ്മള് ശ്രുതി കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ആർത്ഥം തോന്നത്തില്ല കാരണം അതിന്റെ താല്പര്യം മനസ്സിലാക്കാത്ത താല്പര്യമാണെന്നൊക്കെ അതെങ്ങനെ താത്പര്യം എന്ന് പറഞ്ഞു ഉപക്രമ പരാമർശ ഉപസംഹാര ഹാരേണ ഇത് ഷഡ്വിധ ലിംഗങ്ങളെക്കുറിച്ച് പറയണം അത് ഇന്ന് പറഞ്ഞു വരുന്ന രീതിയിലല്ല ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഉപക്രമം എന്ന് പറയുന്നത് കൊണ്ട് ഉപസംഹാരത്തോടെ എടുത്തോളണം പറഞ്ഞു ഉപക്രമം ഉപസംഹാരീ പിന്നെ പരാമർശം ഇടയ്ക്കിടയ്ക്ക് പറയുക അഭ്യാസം എന്ന് സാറിന് പറയുന്നു അതിനുള്ള പരാമർശമെന്ന് പറയുന്നു ഇടയ്ക്ക് പറയുക വീണ്ടും വീണ്ടും പറയുക ഇടയ്ക്ക് പറയുക എന്നൊക്കെ പറയും എന്നാൽ അതിലൊരു വ്യത്യാസമുണ്ട് ആപർജിച്ച് പറയാന്നുള്ളതിനാണ് അടുത്തു കൊടുത്തിരിക്കുന്നത് ക്രിയാ സംവി സമഭിഹാരേണ ക്രിയാ സമവിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിക്കുക ഒരേ കാര്യം വീണ്ടും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോ ഷഡ്വിതലിംഗങ്ങളെ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് മനസ്സിലാകും ശരിക്കും പരാമർശം പറഞ്ഞാൽ ഇടയ്ക്ക് നിർദ്ദേശിക്കുക എന്നാൽ അത് വീണ്ടും വീണ്ടും വീണ്ടും നിർദ്ദേശിക്കുന്നതാണെന്ത് ക്രിയാ സംവിഹാരം ശ്രുതിയിൽ ഒരു പ്രകടനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തുടക്കത്തിൽ പറയുക അവസാനം പറയുക മദ്യത്ത് പറയുക പറഞ്ഞതിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ശൈലിയിൽ പറയുന്നു സാറിന് പറയുന്ന എന്താണ് ഉപക്രമം സദൈവ സൗമ്യേതമ ആ സീത അവിടെ എന്താണ് ആത്മതത്വത്തെ ഉപദേശിക്കാൻ തുടങ്ങുന്ന സന്ദർഭമാണ് അതിന്റെ തുടക്കത്തി എന്ത് പറഞ്ഞു സദൈവ സൗമ്യ തുടക്കത്തിൽ സത്തായ ബ്രഹ്മത്തെ പറഞ്ഞു േകമേവ അദ്വിതീയം എന്ന് പറഞ്ഞപ്പോ അത്യേകമായ ആത്മാവിനെ കുറിച്ച് പറയുന്നു ഇപ്പൊ സംഹാരത്തിൽ എന്തു പറഞ്ഞു ഐതദാത്മീയതം സർവം അത് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എല്ലാം ഈ ആത്മാവ് തന്നെ അവിടെ അദ്വൈയമായ ആത്മതത്വത്തെ കുറിച്ച് ഇവിടെയൊക്കെ അദ്വൈതാത്മതത്വത്തെ കുറിച്ച് പറയാണ് സർവം കലിതം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അദ്വൈയമായ ആത്മതത്വത്തെ പറയാണ് ഐതതാത്മീയുതം സർവം അവസാനം പറയുന്നു അദ്വൈമായ ആത്മതത്വമാണോ ഉപക്രമ ഉപസംഹാരം അഭ്യാസം ഇടയ്ക്ക് ആവർത്തിച്ചു പറയുക അഭ്യാസത്തിന് ഇവിടെ ക്രിയാസംവിഹാരം എന്ന് പറയുന്നു പരാമർശം എന്ന് പറയുന്നു അത് തന്നെ അങ്ങനെ തത്വമസി തസി ഒമ്പത് വേണം അവിടെ ഉപദേശിച്ചത് അതാണ് അഭ്യാസം അപൂർവത എന്ന് പറയുന്നത് എന്താണ് പൊതുവെ ഇതിനെ കുറിച്ച് പറയുന്നതാണ് ഔപനിഷം പുരുഷം ഈ ആത്മതത്വത്തെ ശുതിയിലൂടെ അല്ലാതെ അറിയാൻ കഴിയത്തില്ല എന്നാണ് യുക്തി വിചാരം കൊണ്ടറിയാൻ പറ്റിയില്ല കാരണം മനസ്സിന് വിഷയമല്ലാത്ത മനസ്സിന് വിഷയമല്ലാത്ത പൂർണ്ണമായിട്ട് അതിനെ അറിയാൻ പറ്റില്ല ഒന്നിങ്ങനെ യുക്തി വിചാരത്തിലൂടെ അതുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ അറിയാൻ പറ്റില്ല പഴയകാലത്ത് ഒന്നിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അറിവുണ്ടാവുക ശരിയായ അറിവുണ്ടാകാൻ തുടങ്ങിയ പ്രത്യക്ഷ അനുമാന ബഹുമാന ശബ്ദ അർത്ഥാപത്തി തുടങ്ങിയ പ്രമാണങ്ങളിലൂടെ അറിയും ശരിയായ അറിവ് പ്രമാണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോ വേറെ പ്രമാണത്തിലൂടെയൊന്നും അറിയാൻ പറ്റില്ല എന്നുവെച്ചാ പ്രത്യക്ഷമായി അറിയാൻ പറ്റിയില്ല ഇന്ദ്രിയ വിഷയമില്ല പിന്നെ അങ്ങനെ ഇന്ദ്രിയ വിഷയമില്ലാത്ത ഒന്നിനെ പ്രത്യക്ഷമായി അറിയാൻ പറ്റില്ല അനുമാനം അതാ അറിയുന്നതിനുള്ള ഹേതുക്കളില്ല പിന്നെയുള്ള എന്താണ് ശബ്ദ പ്രമാണ അതാണ് ശ്രുതി അതാണ് പറഞ്ഞത് അപൂർവം എന്ന് പറഞ്ഞാൽ ശ്രുതി കൊണ്ട് മാത്രമേ അറിയാൻ പറ്റൂ ബ്രഹ്മവേദ ബ്രഹ്മീവ ഭൗതീത ഫലത്തെക്കുറിച്ച് പറയുന്നതാണ് ആചാരിവാൻ പുരുഷോ വേദ മോക്ഷത്ത് പ്രാപിക്കുന്നു ഇതൊക്കെ ഫലത്തെക്കുറിച്ച് പറയുക അർത്ഥവാദം ഇതിനെ സ്തുതിച്ചു പറയുക ഏനാശ്രുതം ശ്രുതം ഭൗതിയ മതം മതം അവിജ്ഞാതം വിജ്ഞാനം അതൊക്കെ സ്തുതിച്ചു പറയുകയും ഇത്രയും മഹത്തായ ഒരു തത്വമാണ് അതിനെ സംബന്ധിച്ചുള്ള അറിവാണ് എന്നൊക്കെ സ്തുതിച്ചു പറയുക അർത്ഥവാദം ഇതാണ് ഷഡ്വിധ ലിംഗങ്ങൾ എന്നുവെച്ചറിയുന്നതിനുള്ള ശബ്ദങ്ങൾ ഉപായമായിരിക്കുന്ന ശബ്ദങ്ങൾ അതാണ് ലിംഗവും പറഞ്ഞത് ഈ തത്വത്തെ അറിയുന്നതിനുള്ള അറിയുന്നതിനും ഉപായമായിരിക്കുന്ന ശബ്ദം അതെന്നുവെച്ചാൽ അത് എന്താണ് ശ്രുതിയാണ് അപ്പൊ ശ്രുതിയിലൂടെ ഇത് അറിയാൻ കഴിയും എന്നുവെച്ചാൽ ശ്രുതി അതിനെ മുഖ്യമായി ബോധിപ്പിക്കുന്നു എന്നർത്ഥം അതാണ് ഏതാനി ശ്രുതി സ്മൃതി ലിവാസ് പുരാണങ്ങൾ അതിനെ ബോധിപ്പിക്കുന്നു അതിൻ്റെ താല്പര്യം അതായിരിക്കും അങ്ങനെ ഉപക്രമ പരാമർശ ഉപകാരം ഉപക്രമം പരാമർശം മദ്യത്തിന് നിർദ്ദേശിക്കുക ഉപസംഹാരം അവസാനം പറയുക ക്രിയാസംവിഹാരങ്ങൾ വീണ്ടും ആവർത്തിച്ചു ആവർത്തിച്ച് പറയുക ഇങ്ങനെയല്ല മറ്റെല്ലാ ലിംഗങ്ങളെ ഇവിടെ പറയുന്നില്ല ഈതൃകാത്മതത്വം ഈ പറഞ്ഞ തരത്തിലുള്ള ഈതൃകാത്മതത്വം എന്ന് വെച്ചാൽ പറഞ്ഞ രീതിയിലുള്ള ആത്മതത്വം എങ്ങനെ ആ സമസ്ത ഉപാധി നേരത്തെ പറഞ്ഞു സമസ്ത ഉപാധി അനവഛിന്നം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉപാധിരഹിതമായ അനന്ത ആനന്ദ ചൈതന്യ ഏകരസ ഉദാസീനം ഏകം അദ്വിതീയം ആത്മതത്വം ഇങ്ങനെയുള്ള ഒരാത്മതത്വം മഹാമെന്നുള്ള അറിയത്തില്ല അവർ ആത്മാവിനെ ജഡവെന്ന് പറയുന്നവരാണ് ന്യായവൈശേഷിയമാർ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞെന്താണ് ചൈതന്യേകരസം ചൈതന്യം മാത്രമാണ് അതിന്റെ സ്വരൂപം സ്വഭാവം അങ്ങനെയുള്ള ആത്മതത്വമാണ് ഇതിന്റെ താൽപര്യം അതാണ് ഈ ശ്രുതികൾ ഉപക്രമ ഉപസംഹാരങ്ങളിലൂടെ ക്രിയാസവ്യവഹാരത്തിലൂടെ ഇത്തരത്തിലുള്ള ഒരു ആത്മതത്വം അഭിതതി പറയുന്നവയായ എന്ത് തീ എന്ന് പറഞ്ഞ രൂപമാണ് ശത്രം തോന്നും തിങ്ങന്തം പോലെ തോന്നും ഏതാണ് ധാതു ധാന്യധാരണ പോഷണ വിഭവം ഏത് ഗണത്തിപ്പെടുന്നതാണ് വിഹോത്യാഗി അവിടെയാണ് ദിവസം വരുന്നത് ശത്രും വന്ന് ദധത്ത് എന്ന രൂപം വരും ശത്രു ദവസലിംഗത്തിൽ രൂപം ഇങ്ങനെ വരും ദധത് ദീ ദീ അങ്ങനെ ശത്രുതോ പറ അഭി അഭിപൂർവ്വത്തി വരുമ്പോൾ പറയുക എന്നർത്ഥം കിട്ടും അഭിദഥാ പറയുന്നതായ എന്താണ് പറയുന്നത് ശ്രുതിസ്മൃതി ഇതിഹാസ പുരാണങ്ങളുടെ വിശേഷണമാണ് അഭിദഥതി ഏതാനി പറയുന്നു പറയുന്നവയായ ഈ ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങൾ വാ നമ സുഹസ്യാന്ന് പറയുന്ന സൂത്രം വരും എന്താണ് എന്റെ വൃത്തി സംഗീത സിദ്ധാന്തം വേണം കഴിഞ്ഞു അഭ്യസ്ഥ പരസ്യേഷത തുംബാസ്യ സർവനാമ സ്ഥാനം സർവനാമസ്ഥാനം പരവ് വികൽപ്പായിട്ടൊന്നും വരും സർവനാമസ്ഥാന സൂത്രവഹരിക്കുന്നത് പുസ്തകം കൈ ഉണ്ടെങ്കിൽ എളുപ്പം നോക്കി പറയാം ശി സർവനാമ സ്ഥാനം ജസ് ചോശി സർവനാമ സ്ഥാനം പരവേരിക്കുമ്പോൾ എന്തോരും രൂപം ഇതില്ലെങ്കിൽ നിത്യമായിട്ടൊന്നും വരും ഇങ്ങനെ ചലച്ചുകൊണ്ട് വിലപായിട്ടൊന്നും വരുന്ന രൂപ ഏതാനും കൃത്യമായ രൂപം മനസ്സിലാക്കിയാലും കൃത്യമായ അർത്ഥം മനസ്സിലാക്കും ഏത് ശ്രുതിസ്മൃതി ഇതിഹാസപുരാണ തത്പരാണി സന്ധ്യ താല്പര്യം എന്താണോ അതാണ് ായൊണ്ടാണ് തത്പരാണി എന്ന് പറയുന്നത് ഏതാനി അഭിതീ തണി സന്ധി പറയുന്നവയായ ഇവകൾ ഇവകളെന്ന് പറഞ്ഞ തത്പരാണി സന്ധി തത്തെന്ന് മായ ആത്മതത്വം ബേവറിയില് തത്പരം എന്ന് പറയുമ്പോ ആരം തത്പരാണി എന്ന് പറയുമ്പോ വീണ്ടും എന്താവും തത്പരാണി എന്ന് പറയുമ്പോ ശ്രുതി സ്മൃതി പുരാണാണ് അത് ബേവറി ആയുണ്ട് അഭിതീന്ന് പറയുന്നതും ഏതാനി എന്ന് പറയുന്നു തത്പരാണി എന്ന് പറയുന്നു എല്ലാം ശ്രുതിസ്മൃതി ഇതിഹാസപുരാണങ്ങളുടെ വിശേഷങ്ങൾ സന്ധി അതുകൊണ്ട് ശക്യാൻ ശക്രേണി ഉപചരിതാർത്ഥാ കർത്തും അവിടെ ഉപചരിതാർത്ഥാന് കർത്തും ഉപചരിതാർത്ഥാന് കർത്തും ഉപചരിതാർത്ഥം ഗൗണാർത്ഥം അതായത് അദ്വീയമായ ആത്മതത്വം എന്നൊക്കെ പറയുന്ന ഗൗണമാണ് അതിന് ഗൗണം എന്തെന്ന് വിശദീകരിക്കും മുഖ്യമല്ലാന്നൊക്കെ മനസ്സിലാവും അപ്പോ ഈ ശ്രുതി സ്മൃതി നിവാസങ്ങളിലേക്ക് അർത്ഥം എന്താണ് അതൊക്കെ ഗുണമായ അർത്ഥമൊക്കെ പറയുന്നത് മുഖ്യമായ അർത്ഥം അല്ല ഉപചരിതാർത്ഥാനി അതിനെ ഗുണാർത്ഥം കർത്തും ആക്കുന്നതിന് ശക്രേണ ഇന്ദ്രൻ വിചാരിച്ച ശക്രനെന്താ ഇന്ദ്രൻ വിചാരിച്ചാലും നശക്യാനി കഴിയത്തില്ല എന്തു കഴിയത്തില്ല ൗണാർത്ഥമാക്കുന്നതിന് കഴിയത്തില്ല അതാണ് ഉപചരിതാർത്ഥാന് കറുത്തും ആർക്കു കഴിയത്തില്ല ശക്രയണ ഇന്ദ്രം വിചാരിച്ചാലും കഴിയത്തില്ല നജസഖ്യാനി കഴിയത്തില്ല എന്ത് സഖ്യാനി എന്ന് പറയുന്ന ഏതിന്റെ വിശേഷണമാണ് അപ്പോ ഒരു വാക്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഒരു കഴിവാണ് പറയുന്നത് ഉപക്രമ ഉപസംഹാര ഉപക്രമ പരാമർശ ഉപസംബുഹാര ഈ മർശങ്ങളാലും ക്രിയാ സ്വാരം കൊണ്ടും ഈതൃഗത്മതും തൊട്ടു മുമ്പ് പറഞ്ഞതായ അദ്വൈതമായ പറയുന്നതായ പുരാണാദികൾ തത്പരാണി സന്ധി അത് അദ്വൈതമായ ആത്മതത്വമാകുന്ന താല്പര്യത്തോടു കൂടിയവയാണ് അതുകൊണ്ട് ഉപചരിതാർത്ഥാന് കർത്തും ഇവയെ നൂണാർത്ഥമാക്കുന്നത് ശക്രേനാണ് ഇന്ദ്രം വിചാരിച്ചാലും നശക്കാന് കഴിയുന്നതല്ല എന്ന് വെച്ചാൽ ശ്രീതി ഇതിഹാസങ്ങളെല്ലാം പറയുന്ന മുഖ്യമായ അർത്ഥം എന്താണ് അതാണ് അദ്വീയമായ ആത്മതത്വം അത് അഹം അനുഭവത്തിലുള്ള അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് അഹം അനുഭവം എന്ന് പറയുന്നത് എന്താണ് അല്ലാതെ ഇവിടെ ആരും ആത്മാവിനെയും അനാത്മാവിനെയും വേട്തിരിച്ചറിയുന്നില്ല അറിയണമെന്ന് ഈ പറയുന്ന ഔപനിഷതമായ ജ്ഞാനം വേണം ശ്രുതിയിൽ നിന്ന് ഇതങ്ങനെ മനസ്സിലാക്കുമെന്നുള്ളതിനെ പറയുന്നു അഭ്യാസേ ഭൂയസ്ഥും അർത്ഥ്യ ബോധി അഭ്യാസം കൊണ്ട് എന്നുവെച്ചാൽ നിരന്തരം ആവർത്തിക്കുന്നതുകൊണ്ട് ഹി എന്ന് വെച്ചാൽ ഇസ്മ എന്നർത്ഥം എന്തുകൊണ്ടെന്നാൽ അഭ്യാസം കൊണ്ട് നിരന്തരമായ ആവർത്തനത്തിൽ ഭൂയസ്ത്വം ഭവതി ഭൂയസ്തം എന്ന് വെച്ച ആധിക്യം അല്ലെങ്കിൽ ദൃഢത അർത്ഥത്തിന് ദൃഢത വരും എങ്ങനെയാണെങ്കിൽ ഒരു കാര്യത്തെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയുന്നു യഥാ അഹോ ദർശനീയ അഹോ ദർശനീയ പറയാണ് എന്താണ് ഒരു ലോകസുന്ദരി ഉണ്ടല്ലെന്താ അവിടെ പേരും വന്നു എന്ന് ലോകസുന്ദരിയുടെ പേര് ആ ലോകസുന്ദരിമാരെയൊന്നും പരിചയമില്ല ഏ ഇന്ത്യയിൽ നിന്നൊരു ലോകസുന്ദരി ഏശ്വര് ഐശ്വര്യറാണ് ആ ഐശ്വര്യാണ് ഐശ്വര്യറാണിന്നാണ പേര് ഐശ്വര്യ റായി ആ ഐശ്വര്യറായി കണ്ടിട്ടൊരാള് പറയണോ ദർശനീയ ണേണ്ടവള് തന്നെയാണ് വീണ്ടും പറയണെന്താണ് അഹോ ദർശനീയ എന്ന് രണ്ടു വേണോ പറഞ്ഞ് മൂന്ന് മണ പറഞ്ഞ് നാലുകണ പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് എന്താണ് എന്റെ അടുത്തം പരമസുന്ദരി എന്നാണ് ആവർത്തിക്കുന്നതോറും സൗന്ദര്യം എന്നാണ് പറയുന്നത് അപ്പൊ ഏതെങ്കിലും കാര്യം ഒരാൾ കാണേണ്ടത് കാണേണ്ടത് കാണേണ്ടത് ഇത് ഒരു സ്ത്രീയുടെ വിശേഷമായി പറയുകയാണ് എന്നൊരാളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണമെങ്കിൽ എന്തുവരും അർത്ഥത്തിന് ദാർഢ്യം കൂടും ഒറ്റ തവണ പറയണം കാണേണ്ടത് എന്നു പറഞ്ഞാൽ അത് കിട്ടത്തില്ല നമ്മൾ പറയുന്നത് യഥാ ഇപ്രകാരമാണ് അഹോ ദർശനീയ അഹോ ദർശനീയ എന്ന് ആവർത്തിച്ചു കഴിഞ്ഞാൽ അതായത് അഭ്യാസം കൊണ്ട് അർത്ഥത്തിന് ദാർഢ്യം വരും എന്നുള്ളത് പറയുന്ന ഒരുദാഹരണമാണ് എന്തെങ്കിലും ഏതൊരു കാര്യം അതിന് എന്തേ ഒരു സ്ത്രീയുടെ ഉദാഹരണം എടുത്തേതിനും പറയാം അതുകൊണ്ട് ഈ ഉപനിഷത്തുകളെല്ലാം എന്ത് ചെയ്യുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് അദ്വൈമായ ആത്മതത്വത്തെ കുറിച്ച് പറയുന്നുകൊണ്ട് ആ വിഷയത്തിന് ഉറപ്പുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ ന്യൂനത്തു ഒരിക്കലും ആവർത്തിച്ചു കഴിഞ്ഞാൽ അർത്ഥത്തിൽ കുറവ് വരത്തില്ല ആവർത്തിക്കുന്നതോറും എന്തു ചെയ്യും അർത്ഥത്തിൽ കൂടുതലേ വരത്തുള്ളു അതുപോലെയാണ് പിടിയെന്ത് ചെയ്യുന്നു അർത്ഥത്തിന് ദൃഢത കൂടുകയാണ് അദ്വീയമായ ആത്മതത്വം തന്നെ പറയുമ്പോ എന്ത് ചെയ്യുന്നു ആവർത്തിക്കുമ്പോൾ അതിന് ദൃഢത കൂടുകയാണ് പ്രാഗേവ ഉപചേരി തത്വം പ്രാഗേവ പിന്നെയല്ലേ ആവർത്തിക്കുന്നോണ്ട് അർത്ഥത്തിന് ദൃഢത കൂടുകയാണ് പിന്നെ ഉപചരിതാർത്ഥ ഉപചരിതത്വം ഗൗണത്വം അമുഖ്യം അപ്രധാനം എന്നങ്ങനെ പറയാൻ പറ്റും എന്നുവെച്ചാ ആവർത്തിക്കുന്നതോടുകൂ ആവർത്തിക്കുംതോറും പ്രാധാന്യം കൂടുകയാണ് ഏത് വിഷയത്തിൽ ആവർത്തിക്കുംതോറും പ്രാധാന്യം കൂടുകയാണ് ശ്രുതി നിരന്തരം എന്ത് അർത്ഥത്തിന് ദാർഷ്യം കൂടുകയാണ് അതുകൊണ്ടാണ് എപ്പോഴും ഓർത്തുവെക്കേണ്ട കാര്യങ്ങൾ യുക്തി പിന്നെ അനുഭവം പിന്നെ സയൻസ് ഇതെന്നും കൊണ്ട് ആത്മാവിനെ സമർത്ഥിക്കാൻ പറ്റത്തില്ല ആത്മാവിനെ വെളിവാക്കാൻ എന്തുകൊണ്ടേ പറ്റൂ ഭേദം അതാണ് അദ്വൈതിയുടെ നിലപാട് പാരമ്പര്യമായ നിലപാട് അതുകൊണ്ട് ശ്രുതി പറയുന്നു ആത്മതത്വം അല്ലെങ്കിൽ അദ്വൈയമായ ആത്മതത്വം എന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും നിത്യശുദ്ധ ബുദ്ധം എന്നൊക്കെ എങ്ങനെ അറിയാൻ അത് വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ടാണ് പ്രാഗെന്ന് പറയുന്നത് ഇത് ഉപചരിതാർത്ഥാനി കടത്തും അഭ്യാസത്തിൽ അർത്ഥ ഭൂയസ്വം അർത്ഥത്തിന് ഭൂയസ്വം യഥാ എപ്രകാരം വെച്ചാൽ അഹോ ദർശിനി അഹോ ദർശിനി അഭ്യാസത്ത് കാണിക്കുകയാണ് ഒരാൾ വീണ്ടും വീണ്ടും ഇവൾ കാണേണ്ടവള് തന്നെ കാണേണ്ടവൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാത് വരുന്നു നയൂനത്വം അവരുടെ സൗന്ദര്യത്തിന് ഒരു ന്യൂനതയും വരുന്നില്ല പ്രാഗയോ വിചരിതത്വം പിന്നെയല്ലേ ഊണാർത്ഥത്വം അതുകൊണ്ട് ശ്രുതി പറയുന്നത് അദ്വൈതമായ ആത്മതത്വം എന്ന് പറയുന്നത് ഒരു ഗൗണമായ അർത്ഥത്തെ അല്ല പറയുന്നത് പിന്നെ പറയുന്നത് മുഖ്യമായ അർത്ഥത്തെയാണ് പറയുന്നത് വേദത്തിൽ നിന്ന് മനസ്സിലാകണമെന്നാണ് നിത്യ ശുദ്ധ ബുദ്ധ മുക്തമായ അദ്വൈയമായ ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തെ പറയുന്നു അത് അഹം എന്ന് പറയുന്ന അനുഭവത്തിൽ ആരെങ്കിലും അറിയുന്നുണ്ടോ ഞാനെന്ന് പറയുന്ന അനുഭവത്തിൽ ആരെങ്കിലും ആനന്ദരൂപത്തിലുള്ള ബ്രഹ്മത്തറിയുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് അതിലൂടെ പിന്നെ ചെറുടത്തൊക്കെ പറയാന്ന് പറയുന്ന അനുഭവത്തിലൂടെ അറിയാം ആത്മതത്വത്തെ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം ശ്രുതിയുടെ സഹായത്തോടു കൂടി അതിനെക്കുറിച്ച് വിചാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇതെത്തിച്ചേരുന്നത് അദ്വനീയമായ ആത്മതത്വത്തിലാണ് ആ അർത്ഥത്തിലാണ് പറയുന്നത് അഹമനുഭവസ്തു പ്രാദേശികം അനേകവിധ ശോകദുഃഖാദി പ്രപഞ്ച ഉപപ്ലതം ആത്മാനം ആദർശയൻ കഥം ആത്മതത്വഗോചര ഇനി അഹം അനുഭവത്തെക്കുറിച്ച് പറയണം സിദ്ധാന്തത്തിൽ അഹോ അനുഭവം എന്ന് പറയുന്ന ആത്മാവിനെ ഒന്നുമല്ല ബോധിപ്പിക്കുന്നു അതെന്താണ് അഹമനുഭവസ്തു പ്രാദേശികമാണ് അനുഭവം പ്രദേശം എന്ന് വെച്ചാൽ ശരീരം പ്രാദേശികം എന്ന് വെച്ചാൽ എന്താണോ ഈ ശരീരം കൊണ്ട് പരിച്ഛന്നമാണ് ഭാവന കാരണം ഈ ആത്മാവെന്ന് പറയുന്നതാണ് ബൃഹത്താണ് സർവവ്യാപ്യമാണ് ഞാനെന്നറിയുന്നത് എന്തിനെ ശരീരത്തെ അപ്പോൾ ഒരാൾക്ക് ഞാനെന്നറിയുന്നോണ്ട് ആത്മാവിനെ അറിയണമെങ്കിൽ ഞാനെന്നറിയുമ്പോൾ എന്തിനെ അറിയണം ഈ ശരീരത്തെ അറിയുന്ന ഈ ഫ്ലാസ്കിനി അറിയണം മേശ അറിയണം മൊബൈലിനെ അറിയും അങ്ങനെ ആർക്കെങ്കിലും അറിയാൻ പറ്റും എന്തുകൊണ്ട് അത് അപരിച്ഛിന്നമായൊരു അനുഭവിന്നാണ് ഏതൊരു ശരീരത്തിലാണോ അഹമനുഭവം ഉള്ളത് ആ വ്യക്തിക്ക് ആ ശരീരത്തിലെ അഹമനുഭവം ഉണ്ടാവും അല്ലെങ്കിൽ അതുമായിട്ട് ചുറ്റിപ്പറ്റി അല്പം ചില കാര്യങ്ങളിലൂടെ മമത ഒക്കെ ഉണ്ടാവും അപ്പം ബൃഹത്തായിരിക്കുന്ന സർവ്വവ്യാപിയായിരിക്കുന്ന എന്താണ് ആത്മാവിനെ പ്രാദേശികമായി അറിയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ശരീരം കൊണ്ട് പരിച്ഛിന്നമായി അറിയാൻ കഴിയില്ല അപ്പൊ ഈ അഹം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ എന്തിനാ അറിയുന്നത് അത് അധ്യാസമാണ് ഈ അഹം എന്ന് പറയുന്നത് അധ്യാസം സംഭവിച്ചു കഴിഞ്ഞു അഹമനുഭവസ്തു പ്രാദേശികം അതുമാത്രമല്ല അനേകവിധ ശോക ദുഃഖാദിപ്രപഞ്ച ഉപപ്ലുദം ഉപപ്ലുതമായത് മുഴുകിയതാണത് എന്തിൽ മുഴുകിയിരിക്കുന്നു അനേകവിധത്തിലുള്ള ശോകദുഃഖാദിപ്രപഞ്ചം പ്രപഞ്ചം എന്ന് വെച്ചാൽ ഒരുപാട് വിഷയങ്ങൾ എന്നുള്ളതിലാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് വിപുലമായത് വിസ്തരിച്ചതെന്നുള്ള അർത്ഥത്തിലാണ് ശോകമോഹാദി ധാരാളം വിഷയങ്ങളിൽ ഉപപ്രദം മുഴുകിയതാണ് എന്ത് ആഹ്വാനം ഒന്നുവെച്ചാൽ ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് ഞാൻ ധനവാനാണ് ഞാൻ ദരിദ്രനാണ് ഞാൻ തടിച്ചവനാണ് ഞാൻ നെനഞ്ഞവനാണ് ഞാൻ യുവാവാണ് ഞാൻ വൃദ്ധനാണ് ഞാൻ സ്ത്രീയാണ് ഞാൻ പുരുഷനാണ് ഞാൻ ബുദ്ധിമാനാണ് ഞാൻ മണ്ഡലാണ് ഇങ്ങനെ എത്ര വേണോ പറയാം ഇതാണ് പ്രപഞ്ചം ഇങ്ങനെ വിസ്തരിച്ചുള്ള അനുഭവങ്ങളെയാണ് പ്രപഞ്ചമെന്ന് പറയുന്നത് എന്നാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത് വിഷയമായിരമാം പ്രപഞ്ചം എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ് എവിടെ പറഞ്ഞത് ആ അർത്ഥത്തിൽ അവിടെയും പറയുന്നു അതാണ് പ്രാദേശികമാണ് ശരീരം കൊണ്ട് പരിച്ഛിന്നമാണ് അനേകവിധ പലതരത്തിലുള്ള ശോക ദുഃഖാദി പ്രപഞ്ച ഉപ്ലം അതിൽ മുഴുകിയതാണെന്ത് ഈ അഹമനുഭവം അത് അങ്ങനെയുള്ള ആത്മാനം അങ്ങനെയുള്ള ആത്മാവിനെയാണ് ബോധിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ മുഴുകിയിരിക്കുന്ന ആത്മാവിനെയാണ് തന്നെയാണ് ആത്മാവ് തന്നെയാണ് ബോധിപ്പിക്കുന്നത് ആദർശയൻ ബോധിപ്പിക്കുന്നവർ ആയി ആദർശൻ എന്ന് പറയുന്നത് എന്ത് രൂപമാണ് ശത്രുന്ദ ബോധിപ്പിക്കുന്നതായി ദൃശ്യാ തുണിച്ചു വന്ന് ശത്രുന്ദം ഒന്നാണ് ആദർശയൻ എന്ത് ആദർശയൻ ബോധിപ്പിക്കുന്ന എന്താണ് അഹമനുഭവ അഹമനുഭവം എന്ന് പറയുന്നത് എന്താണ് പ്രാദേശികമായ അനേകവിധത്തിലുള്ള ശോകദുഃഖാദികളോടുകൂടിയ പ്രപഞ്ചത്തെ ശോകദുഃഖാദിപ്രപഞ്ചം ഞാനാ വിഷയങ്ങളെ വിഷയങ്ങളിൽ ഉപപ്രദമായിരിക്കുന്ന അല്ലെങ്കിൽ ആ വിഷയങ്ങളോട് കൂടിയതായ ആത്മാനം ആത്മാവിനെ ആദരശിയൻ ബോധിപ്പിക്കുന്നതാണെന്ത് അഹം അനുഭവ അങ്ങനെയുള്ള അനുഭവ കഥം ആത്മതത്വഗോചര അതെങ്ങനെയാണ് ആത്മാവെന്ന് പറയുന്ന അല്ലെങ്കിൽ ആത്മാവിന്റെ തത്വത്തെ വിഷയമാക്കുന്ന എങ്ങനെ ആത്മതത്വസ്യ ഗോചര ആത്മതത്വത്തിന്റെ ഗോചരം എങ്ങനെയാകും ആത്മതത്വം എന്താണ് അദ്വിതീയമാണ് അപ്പോൾ ആ അനുഭവം എന്ന് പറയുന്നത് എങ്ങനെ ആത്മാവിനെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ എങ്ങനെയുള്ള ആത്മാവിനെ ബോധിപ്പിക്കുന്നു ഈ പ്രപഞ്ചയുക്തമായ ആത്മാവിനെ ഈ ശരീരത്തെ ബോധിപ്പിക്കുകയാണ് ശോകദുഃഖാദികളോടുകൂടിയൊന്ന് അതൊരിക്കുന്നു ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നു അപ്പോ പ്രപഞ്ചയുക്തമായ ആത്മാവിനെ ബോധിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ആ അനുഭവം അധ്യാസമാണ് എല്ലാവരും വേറെ യഥാർത്ഥ ആത്മാവിനെ അത് ബോധിപ്പിക്കുന്നില്ല കഥം ആത്മതത്വം പോലെ ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നതാകും കഥം വ അനുപ്ലവ ഉപപ്ലവം എന്ന് വെച്ചാൽ ഭ്രമം സർവോപപ്ലവരെയ്താന്ന് പാടാറില്ലേ ഉപപ്ലവം എന്ന് വെച്ചാൽ ഭ്രമം എങ്ങനെയാത് അനുപപ്ലവം ഉപപ്ലവം അല്ലാതെ എങ്ങനെയാവും ഭ്രഹ ഭിന്നം എങ്ങനെയാവും ഏത് ഏത് അഹമനുഭവം തോടെ ഇതെല്ലാം അന്വേഷിക്കണം പ്രാദേശികം അനേകവിധ ശോകദുഃഖാദിപ്രപഞ്ചൃതം ആത്മാനം ആണ് ബോധിപ്പിക്കുന്നതായ അഹമനുഭവ കഥമാത്മതത്വ അതെങ്ങനെ ആത്മാവിനെ ബോധിപ്പിക്കും കഥം അനുഭവപ്ലവ അതെങ്ങനെ ബ്രഹ്മമല്ലാതാകും എന്ന് പറഞ്ഞാൽ നിഷേധാർത്ഥത്തിലാണ് അത് ബ്രഹ്മം തന്നെയാണെന്റത് അഹമനുഭവം ഭ്രമമാണ് അതൊരിക്കലും ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നില്ല പക്ഷെ തന്നെ ബോധിപ്പിക്കുന്നുണ്ട് അത് തന്നെ ബോധിപ്പിക്കുക എന്ന് വെച്ചാൽ കൂടെ അതുകൊണ്ടെന്താണ് ഇത് ഈ അഹം അനുഭവം എന്ന് പറയുന്നത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ സുഹുപാധി പ്രപഞ്ചത്തിൽ മുഴുകിയിരിക്കുന്നതാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നെന്താണ് യുഷ്മത് അസ്മത് പ്രത്യ ഗോചരോഹോ അസ്മത് പ്രത്യേക ഗോചരമാണ് ആത്മാവെന്ന് പറയുന്നത് ഇവിടെ നിഷേധിച്ചിരിക്കും ആത്മാവ് അങ്ങനെയൊന്നല്ല അസ്മത് പ്രത്യയം ഞാനെന്ന ബോധത്തിലൂടെ ആത്മാവിനെ അറിയാൻ കഴിയത്തില്ല പിന്നെ എങ്ങനെ അറിയാൻ പറ്റുമോ അങ്ങനെ അറിയാൻ പറ്റൂ എന്നാണ് ഇതുവരെ പറഞ്ഞാലും പോയാസ്മൃതി ഇതിഹാസ പുരാഗണങ്ങളിലൂടെ മാത്രമേ ഇങ്ങനെ അറിയാൻ പറ്റൂ എന്തിനെ ആത്മാവിനെ അതുകൊണ്ട് അഹമനുഭവത്തിലൂടെ ആത്മാവിൻ ആത്മ എന്ന് പറയുമ്പോടെ ആത്മതത്വത്തെ അറിയാവുന്ന കരുതുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്നാൽ ആത്മതത്വം അഹം അനുഭവത്തിലൂടെ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല പക്ഷെ അവിടെ എന്തു പറയേണ്ടി വരും ആത്മതത്വം അഹമനുഭവത്തിലൂടെ പരിച്ഛിന്നമായി പ്രകാശിക്കുന്നു പറയേണ്ടി വരും അല്ലെങ്കിൽ സ്വാഭാവികമായി പ്രകാശിക്കുന്നു എന്ത് പ്രകാശിക്കുന്നു ഏതിലൂടെ ൂടെ പ്രകാശിക്കുന്നു അഹം അനുഭവത്തിലൂടെ ഞാൻ എന്നുള്ള ഈ അനുഭവത്തിലൂടെ ആ വ്യത്യാസം കൃത്യമായി മനസ്സിലാകുന്നു ഞാനെന്ന് പറയുന്ന ഈ അനുഭവത്തിൽ ആത്മതത്വം പ്രകാശിക്കുന്നുണ്ട് പക്ഷെ അത് സ്വാഭാവികമായി അങ്ങനെ പ്രകാശിക്കുന്നില്ല അപ്പൊ ഇവിടെ ഒരു പ്രശ്നം വരികയാണ് ഒന്ന് എന്താണ് വേദം പറയുന്നു ആത്മാവ് അദ്വയമാണോ നിത്യസുദ്ധ ബുദ്ധിമുട്ടമാണ് ഇതുവരെ പറഞ്ഞിരുന്നു പക്ഷെ ഞാനെന്ന് പറയുന്ന അനുഭവത്തിൽ എങ്ങനെ അറിയുന്നു ശരീരപരിച്ഛിന്നമായി അറിയുന്നു ഞാനെന്ന് പറയുന്ന നമ്മുടെ പ്രത്യക്ഷ അപ്പോൾ പ്രത്യക്ഷ അനുഭവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ അഹം അനുഭവം എന്ന് പറയുന്നത് പരിഛിന്നമായിരിക്കുന്ന തന്നം ബോധിപ്പിക്കുകയാണ് വേദം പറയുന്നതിനനുസരിച്ചാണെങ്കിൽ നിത്യശുദ്ധബുദ്ധമായ ഒന്നിന് രണ്ട് പ്രമാണങ്ങളാണ് ഒന്നെന്താണ് പ്രത്യക്ഷ പ്രമാണം മറ്റൊന്ന് രണ്ടിൽ നിന്നും പ്രമേയം ഉണ്ടാകും വേദത്തിൽ നിന്ന് നമുക്കറിയാം എന്താണ് അഹം അനുഭവം പ്രത്യക്ഷത്തോടെ എന്തറിയുന്നു സുഖിയായും ദുഃഖിയായും തന്നെ പരിച്ഛന്നനായി അറിയുന്നു അപ്പൊ പ്രത്യക്ഷം എന്ന് പറയുന്ന ഒരു പ്രമാണവും ശ്രുതി എന്ന് പറയുന്ന പ്രമാണവും വന്നു ഈ രണ്ട് പ്രമാണത്തിലൂടെയും നമുക്ക് ബോധം ഉണ്ടാകുന്നു ഇതില് ഏത് ബോധത്തെ സ്വീകരിക്കും ശ്രുതി പറയുന്നതാണോ പ്രമ അതോ പ്രത്യക്ഷം പറയുന്നതാണോ പ്രമ എങ്ങനെ സ്വീകരിക്കും പൊതുവെ എന്താണ് പ്രത്യക്ഷത്തെ ജ്യേഷ്ഠപ്രമാണമാണ് സ്വീകരിക്കുന്നത് ജ്യേഷ്ഠപ്രമാണമെന്ന് വെച്ചാൽ മറ്റുള്ള എല്ലാ പ്രമാണങ്ങളും ആശ്രയിക്കുന്ന ഒരു പ്രമാണമാണ് പ്രത്യക്ഷം പ്രത്യക്ഷത്തെ ആശ്രയിച്ചിട്ടാണ് അനുമാനം നടക്കുന്നത് കാരണം വന്യം പുകയും പ്രത്യക്ഷമായി കണ്ടാലേ എന്നെ അനുമാനിക്കാൻ പറ്റും ഇനി ശബ്ദ പ്രമാണമാണെങ്കിലോ അതും പ്രത്യക്ഷത്തെ ആശ്രയിച്ചാണ് എന്തുകൊണ്ട് ശബ്ദത്തെ അധികം കേൾക്കണം ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് എന്താണോ അത് പ്രത്യക്ഷ പ്രമാണമാണോ അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോ ഒരു വിഷയത്തിൽ പ്രത്യക്ഷവും ശ്രുതിയിൽ നിന്ന് രണ്ട് വിരുദ്ധമായ അറിവാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇത് ഏത് പ്രമേയം സ്വീകരിക്കുന്നതിന് എങ്ങനെ സ്വീകരിക്കും ഏതാണോ ഏത് പ്രമാണത്തെയാണോ എല്ലാ പ്രമാണങ്ങളും ആശ്രയിക്കുന്നു ആ പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന അറിവ് യഥാർത്ഥ അറിവായിരിക്കും അപ്പോ ശ്രുതിയും ഏത് പ്രമാണത്തെ ആശ്രയിക്കുന്നു അപ്പോ ഏതറിവായിരിക്കും ശരി പ്രത്യക്ഷത്തിൽ നിന്നുണ്ടാകുന്ന അറിവാണ് ശരി പ്രത്യക്ഷത്തിൽ നിന്നുണ്ടാകുന്ന അറിവ് എന്താണ് പ്രാദേശികമായൊരു അറിവാണ് സ്വീകരിക്കേണ്ടി വരുന്നത് പ്രത്യക്ഷത്തെ ആശ്രയിച്ചിട്ടുള്ള എല്ലാ പ്രമാണങ്ങളും നിൽക്കുന്നതുകൊണ്ട് ആണ് പറയുന്നത് എന്നുവച്ചാ ജ്യേഷ്ഠ പ്രമാണ പ്രത്യക്ഷ വിരോധാത് ആമനായ ചെയ്യുക തദ്പേക്ഷ്യ പ്രാമാണ്യം ഉപചരിതാർത്ഥത്വം ചേരിയുക്തം ജ്യേഷ്ഠപ്രമാണ പ്രത്യക്ഷ വിരോധ ജ്യേഷ്ഠപ്രമാണം എന്ന് പറയുന്നത് ഏതാണ് അതിന് വിരോധം വരുന്നു ഏത് വിരോധം വരുന്നു ആമനായ തദ്പേക്ഷ അതിനെ അപേക്ഷിക്കുന്നു ഏതിനെ പ്രത്യക്ഷത്തെ അപേക്ഷിക്കുന്ന അമനായെന്ന് വെച്ചാൽ വേദം ശ്രുതി അതിനാണെന്ത് അമനായ ജീവ അപ്രാമാണ്യം അത് അപ്രാമാണമായിപ്പോ അതിൽ പ്രാമാണ്യം സിദ്ധിക്കത്തില്ല ഉപചരിതാർത്ഥത്വം പക്ഷെ ശ്രുതി പറഞ്ഞിരിക്കരുത് നിത്യശുദ്ധ ബുദ്ധമെന്നു അത് ഗൗണമായിട്ട് എടുക്കുന്നു ഗുണാർത്ഥം എന്ന് പൂർവക്ഷി പറയും പറയുന്നു ഇത് നശയുക്തം അത് ശരിയല്ല ശ്രുതി പറയുന്നത് തന്നെയാണ് ശരി അതുതന്നെയാണ് പ്രബലം ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു സാമാന്യ വ്യക്തി അനുസരിച്ച് പറഞ്ഞു ശ്രുതി പ്രവർത്തിക്കണമെങ്കിൽ ശബ്ദം കേൾക്കണ ശബ്ദം കേൾക്കണമെങ്കിൽ എന്ത് വേണം പ്രത്യക്ഷം വേണം പക്ഷെ ഇവിടെ എന്താണ് പ്രത്യക്ഷം പറയുന്നത് സുഖിയും ദുഃഖിയുമായ ആത്മാവിനെ ശ്രുതി പറയുന്നത് നിത്യബുദ്ധമുക്തസ്വേദന സ്വീകരിക്കും ശ്രുതി കൂടി ആശ്രയിക്കുന്ന പ്രത്യക്ഷത്തെ സ്വീകരിക്കണം അപ്പോ പ്രത്യക്ഷത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ബോധമുണ്ടാവും ആത്മാവ് പരിഛിന്നമാണോ എന്ന് പ്രത്യക്ഷത്തിൽ നിന്നും ആത്മാവ് നിത്യശുദ്ധമാണെന്ന് ശ്രുതിയിൽ നിന്നും ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും നമ്മൾ സ്വീകരിക്കും പ്രത്യക്ഷ അതിനെ ആശ്രയിച്ചാണ് ശ്രുതി നിൽക്കുന്നത് അതാണ് വെച്ചാൽ ജ്യേഷ്ഠപ്രമാണ പ്രത്യക്ഷ വിരോധ ജ്യേഷ്ഠപ്രമാണെന്ന് വെച്ചാൽ എല്ലാവരും ആശ്രയിക്കുന്നതായ പ്രമാണം എല്ലാ പ്രമാണങ്ങളും ആശ്രയിക്കുന്നതായ പ്രത്യക്ഷത്തിന് വിരോധം വന്നത് കൊണ്ട് തദ്പേക്ഷ ശ്യാമനായ ശിവ പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്ന ശ്രുതി അതാണ് അതിലൊന്നും പ്രമേയം പ്രമാണമില്ല ഉപചരിതാർത്ഥത്തിൽ അത് ഗുണമാണ് ഇതി പൂർവത്തോടെ അത് ശരിയല്ല അതുകൊണ്ട് ശ്രദ്ധാന്തി പറയുന്നത് എന്താണോ ഏതൊക്കെ പ്രമാണം ഉണ്ടായിരുന്നത് ശരി ആത്മാവിന്റെ കാര്യത്തിൽ ഏതാണ് പ്രമാണം അതിൽ നിന്ന് ബോധം ഉണ്ടാവും നിത്യുക്തമുക്തം അങ്ങനെ അറിയാൻ പറ്റും ആത്മത്വത്തിൽ അല്ലാതെ മറ്റു പ്രമാണങ്ങളിലൂടെ അറിയുന്നത് ശരിയല്ല അറിയാനും കഴിയത്തില്ല അറിഞ്ഞാൽ തന്നെ അതിൻ്റെ യഥാർത്ഥമായ രൂപം